അപ്പോൾ ഒരു യാത്രാസംഘം അവിടെയെത്തി അവർ വെള്ളം കോരേണ്ടയാളെ അയച്ചു അദ്ദേഹം തന്റെ ബക്കറ്റ് താഴ്ത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു സന്തോഷവാർത്ത ഇതാ ഇവിടെ ഒരു ബാലനുണ്ട് അവർ അദ്ദേഹത്തെ ഒരു വ്യാപാര രഹസ്യമാക്കി വെച്ചു അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബാനഹുവാല എല്ലാം അറിയുന്നവനാണ്